ശരം ശങ്കേ ഭഗവത സദാശിവസമാരംഭ ശമ അസ്മദാചാര്യപര്യത ോമിനെ കുറിച്ച് കൂടി ഒന്ന് ശ്രദ്ധിച്ചു നോക്കാം ചുറ്റുപാടുകൾ അർഹതത്തെ ഉണ്ടാക്കുന്നു അങ്ങനെയുള്ള ഭക്ഷണങ്ങൾ ആഡംബര വസ്തുക്കൾ ഇവയെല്ലാം ആസ്പദമാക്കി ഒട്ടേറെ ക്യാൻസറോജൻസ് ക്യാൻസറോജൻസ് എന്നാണ് അവയ്ക്ക് പറയുക നാം ഇന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട് ഒട്ടേറെ എന്നുണ്ട് കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയും ചെയ്തു ദൂരെ കണ്ടുപിടിച്ചത് ഒരുപാടുണ്ട് പുതിയത് കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നു പ്രകൃതിദർത്തങ്ങളായ പദാർത്ഥങ്ങളിൽ പോലും ഒട്ടുവളരെ എണ്ണം ഈ കൂട്ടത്തിൽപ്പെടുന്നു സ്വർണം ക്യാൻസറോജനിക്ക അപ്പൊ അതെല്ലാം ക്യാൻസറോജനാണ് എന്ന് ഓരോ ഗവേഷണങ്ങളുടെ ഫലമായി ഇങ്ങനെ പഠനങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് പൊളിത്തീൻ ക്യാൻസറോജനിക്കോസ് ക്യാൻസറോജനിക്ക എഴുതരുതേ കാരണം നിങ്ങൾ എഴുതി വരുത്തുമ്പോൾ അത് ക്യാൻസറോജനിക്കാണെന്ന് ഞാൻ പറഞ്ഞു വന്ന് ആണ് നിങ്ങൾ എടുക്കുക ഞാൻ അല്ലെന്നാണ് പറയാൻ പോകുന്നത് പഠനങ്ങളാണെന്നാണ് ഞാനീ പഠിപ്പിക്കലിലൂടെ അത് നിഷേധിക്കാനാണ് പോകുന്നത് അത് കേട്ടിട്ട് എഴുതുക നിങ്ങൾ കഴിക്കുന്ന ആഹാര പദാർത്ഥങ്ങളിൽ ഒട്ട് ആയിരോ രണ്ടായിരോ സാധനങ്ങളല്ല ക്യാൻസറോജനിക്ക് ബി വി അതിനെ ഉത്പാദിപ്പിക്കുമ്പോൾ അതിൻ്റെ ഫ്ലെക്സിബിലിറ്റിക്ക് ഉപയോഗിക്കുന്ന ഒരു ഓയിലാണ് ക്യാൻസർജി അത് വെള്ളത്തിൽ കലരും ആ വെള്ളം കുടിച്ചാൽ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞാണ് ഇന്ന് നിങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് നിന്റെ പഠനങ്ങളൊട്ട് വളരെയാണ് ചെറുതൊന്നുമല്ല പ്രകൃതിദത്തങ്ങളായ ഒട്ടേറെ പദാർത്ഥങ്ങൾ പോലും ഈ കൂട്ടത്തിൽ പെടും എന്തിനേറെ പറയുന്നു പ്രകൃതി ജീവനം മാത്രം നടത്തിയിട്ടുള്ള ആചാര്യന്മാർ പോലും ഈ രോഗത്തിന് വിധേയരായിട്ടുണ്ട് ശാസ്ത്രകാരന്റെ അന്ധവിശ്വാസം പോലെ അതുമായി ബന്ധപ്പെട്ടവർ ലോകമത് അറിയാതിരിക്കാൻ വേണ്ടി ഒട്ടേറെ കണഞ്ഞു പരിശ്രമിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള പത്തിലധികം കേസുകളുണ്ട് ശാസ്ത്ര സത്യത്തെ നേരിടാനുള്ള തന്റെ ഈ രംഗത്തെല്ലാം കട്ട പിടിച്ച് കിടക്കുന്നു അതുകൊണ്ട് ക്യാൻസർ ജീനോമിനെ പറ്റി പഠിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട പലതുമുണ്ട് അതിപ്രഗത്ഭരായ ആധ്യാത്മിക ആചാര്യന്മാർ ഈ രോഗത്തിന് വിധേയരായിട്ടുണ്ട് ഒന്നും ഇന്ത്യൻ സന്യാസത്തിൽ ഒട്ടേറെ പേർ ഈ രോഗത്തിന് നിന്ന് കൊടുത്തിട്ടുണ്ട് ശ്രീരാമകൃഷ്ണനും രമണ മഹർഷിയും ഉൾപ്പെടെ ഇതിന് വർഷംതോറുമുള്ള സ്വാമിമാര് സമാധിയാകുന്നവരുടെ കണക്കുകൾ എടുത്താൽ പലരും ഈ രോഗത്തിന് വഴിപ്പെട്ടുവെന്ന് കാണാം കൂടുതലും കണ്ടത്തിൽ വരുന്ന ക്യാൻസർ പ്രോസ്റ്റേറ്റിൽ വരുന്ന ക്യാൻസർ അപൂർവമായി ലിവറിൽ വന്നിട്ടുള്ള ക്യാൻസർ ഉൾപ്പെടെ കാണാം അത് ചരിത്ര അവശിഷ്ടം തന്നെയാണ് ചരിത്രത്തിലുള്ളത് തന്നെയാണ് അതുകൊണ്ട് ചരിത്രപരമായി ക്യാൻസർ ജിനോമിനെ പറ്റിപ്പടിക്കാൻ പോയാൽ അത്ഭുത പരതന്ത്രരായി നാം കണ്ട് ഉന്നതരായ തപസ്സികൾ അതിശയകരമായ കാരുണ്യമുള്ള മനുഷ്യ ഇവരൊക്കെ ഈ രോഗത്തിന് മുൻപിൽ വിനീത വിധേയരായി നിന്നിട്ടുണ്ട് അതുകൊണ്ട് കാരണം കണ്ടെത്താൻ പോകുമ്പോൾ വളരെ സൂക്ഷിച്ചു പോകണം അതുകൊണ്ട് തന്നെ അതിന്റെ അടുക്കോടം മുഴുവൻ പറഞ്ഞിരുന്നു ഭക്ഷണം മാത്രം കഴിച്ച് പ്രകൃതിയെ ഉപാസിച്ച പ്രകൃതി മാത്രം അവലംബിച്ച് ജീവിച്ചടിപ്പെട്ടിട്ടുണ്ട് ആചാര്യവര്യന്മാർ അടിപ്പെട്ടിട്ടുണ്ട് തപസ്സുകൾ ഈ രോഗത്തിന് അടിപ്പെട്ടിട്ടുണ്ട് നമുക്ക് ഇതിന്റെ പ്രോഗ്നോസിസിലേക്കും ഡയഗ്നോസിൽക്കൊക്കെ പോകുന്നതിന് മുമ്പ് വളരെ ശ്രദ്ധിച്ച് പഠിക്കേണ്ട പാഠങ്ങളുണ്ട് തുറന്ന് പഠിക്കേണ്ട ഇതിൽ പല കാര്യങ്ങളും വെളിച്ചം കാണാതിരിക്കാൻ താല്പര്യപൂർവ്വം പലരും മറച്ചുവെക്കാനും ശ്രമിച്ചിട്ടുണ്ട് ചിലതിനെ വേറെ തരത്തിൽ വ്യാഖ്യാനിക്കാൻ പണ്ഡിതന്മാർ ശ്രമിച്ചിട്ടുണ്ട് പണ്ഡിതന്മാരുൾപ്പെടെ സാധാരണതയായി രോഗത്തെയും ഇതിനടിപ്പെട്ട സാധാരണന്മാരെയും കുറിച്ച് പറയുമ്പോൾ ക്യാൻസർ രോജനകളെയും ചുറ്റുപാടുകളെയും കൂടുതൽ പരിഗണിക്കുന്നത് കാണാം വലിക്കുന്ന ഒരുവൻ നൂറുകണക്കിന് വലിക്കുന്നവരുടെ ഇടയിൽ നിന്ന് വന്ന് ക്യാൻസർ ആണെന്ന് പറഞ്ഞാലുടനെ സംശയരഹിതമായ ഡോക്ടർ അവന്റെ കേസ് ഷീറ്റിൽ എഴുതും സ്മോക്കറാണ് പിന്നീട് അവരെ നോക്കുന്നവരെല്ലാം സിഗരറ്റ് വലിയ വീഴിവലിയെ മുറുക്കിനെ ക്യാൻസറിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും കാരണത്തെ അവിടെ തളച്ചിട്ട് അന്വേഷിക്കുക ചിലപ്പോൾ മുഖത്ത് നോക്കി പറയുകയും ചെയ്യും വലിച്ചു നീ ജീവിതം കളഞ്ഞു തിരിച്ചു വരാനാവാതെ കുടിക്കുന്നവരാണെങ്കിൽ വ്യക്തമായ ആൽക്കഹോളിക്കുന്ന എഴുതും മദ്യത്തെ ക്യാൻസറിനോട് ബന്ധപ്പെടുത്തുകയും ചെയ്യും ട്രോപ്പിക്കൽ ക്ലൈമറ്റിൽ കുടിക്കരുത് അത് വേറെ കാര്യം പക്ഷെ ഇതിനെ താരതമ്യപ്പെടുത്തുന്നതും ഈ വഴിക്ക് ചിന്തിക്കുന്നതും പലപ്പോഴും കുടി നിൽക്കുവാനല്ല പ്രേരണ ചെലുത്തുക ാണ് പ്രേരണ ഉണ്ടാവുന്നത് ജനിതക സീമകളിലേക്ക് വ്യക്തതയില്ലാത്ത ഇമാതിരി കാരണങ്ങളെ അറിവിലൂടെ കടത്തിവിടുമ്പോൾ കൂടുതൽ അപകടങ്ങളിലേക്ക് മാനുഷികം പോകുന്നു എന്ന വസ്തുത ചൂണ്ടിക്കാണിച്ചു വന്നേ ഉള്ളൂ എന്നാൽ ഉന്നതരായ തപസ്വികൾ ആചാര്യന്മാർ മഹാപുരുഷന്മാർ പണ്ഡിതന്മാർ ഇവർക്കൊക്കെ രോഗം വരുമ്പോൾ അതിൻ്റെ കാരണം ക്യാൻസർ റോജനല്ല അവിടെ വ്യാഖ്യാനത്തിൽ പ്രാരബ്ധവും മറ്റുള്ളവരുടെ രോഗം താൻ സ്വീകരിച്ചതും ഒക്കെയാണെന്ന് ചുറ്റുവട്ടങ്ങളിൽ നിന്ന് വ്യാഖ്യാനിച്ചൊപ്പിക്കുവാൻ മടിയില്ല പലപ്പോഴും ഇത്തരം പഠനങ്ങളെല്ലാം പോകുന്ന പണ്ഡിതന്മാർ ഉൾപ്പെടെ അങ്ങനെയാണ് വ്യാഖ്യാനിക്കുന്നത് നൂറ്റാണ്ടുകളായി നടക്കുന്ന ഈ പഠനങ്ങളെല്ലാം അതിനെ കുറിച്ച് പേപ്പറുകൾ ഏതാണ്ട് കെട്ടുകണക്കിന് ഉണ്ടായി കഴിഞ്ഞിട്ടും ഇത് പണ്ഡിതന്മാരായ ഓങ്കോളജിസ്റ്റുകൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് അത് നമുക്ക് ഇതിന്റെ വേറൊരു ഭാഗത്ത് കാണാം സമയം ഇപ്പോൾ ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല വളരെ ശക്തമായ തലത്തില് വളരെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇതുവരെ നടത്തിയ പരീക്ഷണങ്ങളും നിരീക്ഷണങ്ങളും പഠനങ്ങളും ഈ മഹാവിപത്ത് വിപത്തിനെ തടയുന്നതിനോ അതിനെക്കുറിച്ച് വ്യക്തമായ പഠനം നടത്തുന്നതിനോ കഴിയാത്തതാണെന്ന് അത് നേരത്തെ പറഞ്ഞ പോലെ വരാനിരിക്കുന്നൊരു ഭാഗത്ത് വിശദീകരിച്ച് പറയാം ഇപ്പോൾ നമുക്ക് ക്യാൻസർ ജീനോമിനെ പറ്റി തന്നെ ചിന്തിക്കുകയും ചെയ്യാം വിത്തും സാഹചര്യവും കണക്കിലെടുക്കുന്നത് പോലെ ഒരു വിത്ത് വളരാൻ അതിന്റെ സാഹചര്യങ്ങൾ ഒരുക്കണമെന്ന് പറയുന്നത് പോലെ ക്യാൻസർ രോജനകൾ സ്വാധീനിക്കുന്നു എന്ന സ്മൃത്യ അധിഷ്ഠിതമായ ചിന്ത ശ്രുതിക്ക് വിപരീതമാണ് ുന്നു കോശങ്ങളെ പരിണമിപ്പിക്കുന്നു ഈ ബാഹ്യ ശക്തികൾ എന്നത് വൈദ്യശാസ്ത്രത്തിന്റെ അടിസ്ഥാന തങ്കുക്കളെ അവലംബമാക്കി ചിന്തിച്ചാൽ ഹിതമാണ് നമുക്ക് പണ്ഡിതന്മാരുടെ പഠനങ്ങൾ വച്ച് പിന്നീട് കാണാമെന്ന് പറഞ്ഞ കൂട്ടത്തില് കാണാമെങ്കിലും അമ്മ ഓർത്തു വെക്കുന്നത് നല്ലതാണ് അന്നേരം ഞാൻ മറന്നാൽ ഓർമ്മിപ്പിക്കാൻ കൂടുതൽ വിശദീകരണത്തിന് പ്രശസ്തനായ ഒരു ഓങ്കോളജിസ്റ്റ് തന്നെ പറയുന്നുണ്ട് സാധാരണ കോശങ്ങളും അർബുദ കോശങ്ങളും തന്നെ ഓർഡിനറി സെൽസ് എന്താണ് അടിസ്ഥാനപരമായ വ്യത്യാസമെന്ന് ഇനിയും എനിക്ക് മനസ്സിലായിട്ടില്ല ഇത് കേട്ടാൽ നിങ്ങൾ പോലും ഞെട്ടിപ്പോകുന്ന എന്റെ വിശ്വാസം അപ്പൊ പിന്നെ എങ്ങനെയായിരിക്കും ഇതൊക്കെ ഡിറ്റക്ട് ചെയ്യുന്നത് അതാണ് പറഞ്ഞത് ലോക പ്രശസ്തനായ റോങ്കോളജിസ്റ്റിന്റെ വാക്കായത് ഇതെന്നെ ഞാൻ എന്റെ ഒട്ടേറെ തെളിവുകൾ തരാണ് പിന്നീട് ഒരു ഭാഗത്ത് ചിലരെ കാര്യമല്ല അതുകൊണ്ട് ഇത് പഠിക്കും തോറും ദുരൂഹത കൂടുന്നൊരു സ്ഥാനമാണ് അതുകൊണ്ടാണ് നിന്റെ സംഘാടകരനോട് ആദ്യമേ സബ്ജെക്ട് എടുക്കാമെന്ന് ഞാൻ വേണ്ട മറ്റു പലതും പഠിച്ചു കഴിഞ്ഞു മതി എന്ന് പറഞ്ഞു അതുകൊണ്ടാണ് ദിവസങ്ങളിങ്ങനെ നീണ്ടുപോകുന്നു നിന്റെ പഠനങ്ങളിലേക്ക് കൂടുതൽ കൂടുതൽ നടന്നു കയറുമ്പോൾ ആരാരെയാണ് കൂടുതൽ കളിപ്പിക്കുന്നതെന്ന് പറയാൻ വയ്യാതാവും ഇതിനോടകം മരിച്ചു കഴിഞ്ഞ പലരും ഒരു ഭാഗം ഭയം കൊണ്ട് മറ്റൊരു ഭാഗം ചികിത്സ കൊണ്ട് ഒക്കെയാണെന്ന് പറയേണ്ടി വരും ഒക്കെ അങ്ങനെ അങ്ങ് തെളിച്ച് പറഞ്ഞാൽ നിങ്ങൾ വിഷമിക്കൂരും കാരണം അതിലൊക്കെ അറിഞ്ഞോ അറിയാതെയോ ഭാഗ ഭായിട്ടുണ്ടെങ്കിൽ അന്തരംഗത്തിൽ ഒരു കൊലപാതകിയുടെ ചിത്രമായിരുന്നു മനസ്സിലായില്ല ഞാൻ അറിഞ്ഞോ അറിയാതെയോ എൻ്റെ ചികിത്സയിലേക്ക് എൻ്റെ അച്ഛനെ എൻ്റെ മകനെ എൻ്റെ അയൽവക്കക്കാരനെ നിർബന്ധിച്ച് ശാസ്ത്രത്തിൻ്റെ വികാസ പരിണാമങ്ങളെ കുറിച്ച് അവകാശപ്പെട്ട് ഏതോ ക്ലാസ്സിലിരുന്ന് കുറച്ച് രാസസൂത്രങ്ങൾ ഉരുവിട്ടി പഠിച്ചതിൻ്റെ അഭിമാനമോർത്ത് ലോകത്ത് ശാസ്ത്രീയമായി വേണം പോകാൻ എന്ന് തീരുമാനിച്ച് ഞാൻ കൊണ്ടുപോയി കഴിഞ്ഞ് തിരിച്ച് അവൻ്റെ വൃത്തിയൂ കഴിഞ്ഞ് മറ്റൊരു പഠനത്തിനകത്ത് ഈ കോശങ്ങൾ തമ്മിലുള്ള അന്തരം ഇന്നും എനിക്ക് തിരിച്ചറിഞ്ഞിട്ടില്ല എന്ന് പ്രശസ്തനായ ഒരു ഓങ്കോളജിസ്റ്റ് വായിച്ചത് വായിക്കുമ്പോൾ ഞാനാ കൊണ്ടുപോയവൻ്റെ അവൻ്റെ മൃത്യുവിൽ ഞാനും പങ്കാളിയല്ലേ എന്ന് തോന്നുമ്പോൾ നിങ്ങളുടെ ഉറക്കം കെടുത്തു അത്രയും ഞാൻ പോണോ അതിനന്നെ നിങ്ങൾ പ്രേരിപ്പിക്കണം അതുകൊണ്ടൊക്കെ പല വിഷയവും പഠിക്കാൻ നിങ്ങൾ ഒരുങ്ങുമ്പോൾ വേണ്ട വേണ്ട എന്ന് ഞാൻ മലയാളത്തിൽ പറയും നിങ്ങളീ പറയുന്ന രോഗമർബുതം ഏറ്റവും പ്രാചീനമായ ഗ്രീക്ക് സംസ്കാരത്തിൻ്റെയും ഏറ്റവും പ്രാചീനമായ ഹാരപ്പൻ മോഹൻ ചദാര സംസ്കാരത്തിൻ്റെയും ആദിമപർവങ്ങളിൽ തന്നെ വ്യക്തതയോടെ രേഖപ്പെടുത്തിയിട്ടുള്ളതാണ് ഇതിനെക്കുറിച്ച് വ്യക്തമായ പൂർവരൂപം സംപ്രാപ്തി ചികിത്സ ഇവയെല്ലാം ആയുർവേദ ഗ്രന്ഥങ്ങളിൽ വിവിധ ശാഖകളിൽ വാപ്പടന്റെ ചരകന്റെ ശുശ്രുതന്റെ ഭേളന്റെ കാശ്യവ സംഹിത തുടങ്ങിയ ഗ്രന്ഥങ്ങളിലൊക്കെ വിശദീകരിച്ചെഴുതിയിട്ടുള്ളതാണ് അർബുദം ഗ്രന്ഥി അപചി ഇങ്ങനെ ഒരുപാട് വിഭാഗങ്ങൾ തന്നെ കണ്ഠത്തിൽ വരുന്ന ർ കുലോമയോട് ബന്ധപ്പെട്ടു വരാവുന്ന മുഴകളെ അപചി വിഭാഗത്തിലാണ് പെടുക്കുക കണ്ഠത്തിൽ ക്യാൻസർ വരുന്ന മാല പോലെ വളരുന്നതിനെ കണ്ഠമാല ഗണ്ഠമാല എന്നൊക്കെയാണ് പറയുക മാംസത്തിൽ വരുന്നതിനെ മാംസാർബുദങ്ങൾ എന്നാണ് പറയുക ഗ്രന്ഥികൾ ഇങ്ങനെ ഒരുപാട് വിഭാഗങ്ങളായി പല ശാഖകളിൽ പഠിക്കാനുള്ള രക്താർബുദവും മറ്റും ഒരു ഭാഗത്തെ പഠനത്തില് സ്പ്ലീന് വീർത്തിട്ടുണ്ടാകുന്നതാണ് അതുകൊണ്ടത് പുലിഹോദരത്തിൽ പഠിക്കാനുണ്ടാവും നിങ്ങളിലെ പഠിപ്പുള്ള ആളുകൾ അവിടെ നിന്ന് സങ്കല്പിക്കുക സ്പ്രീനും ലിവറും വൃക്കയും ഒന്നും പണ്ട് അറിയില്ലായിരുന്നു എന്ന് തന്നെ ആയിരിക്കും ഞാനിത് പറയുമ്പോഴും നിങ്ങളുടെ മുഖത്തൊരത്ഭുതമുണ്ടാവും ഇതൊക്കെ സ്വാമി ഇന്നത്തെ പുസ്തകമൊക്കെ വായിച്ചിട്ട് വല്ലതും പറഞ്ഞുണ്ടാക്കുന്നതായിരിക്കാം അതുകൊണ്ട് ചരകവും സുശ്രുതവും വാർപ്പടവും ഭേടവും ഒക്കെ വാങ്ങിക്കണം കാശുകൊടുത്ത് എന്നിട്ട് വായിച്ചു നോക്കണം സംസ്കൃതം അറിയില്ലെങ്കിൽ അറിയുന്ന ആരെയെങ്കിലും കൊണ്ട് വായിപ്പിച്ച് അർത്ഥം കേട്ടു നോക്കണം ഇല്ലെങ്കിൽ അത് മലയാളത്തിലോ ഇംഗ്ലീഷിലോ തർജമുള്ള ഗ്രന്ഥങ്ങൾ വാങ്ങിക്കാനുണ്ട് അത് മേടിച്ച് ഒരാവൃത്തി വായിച്ചു നോക്കണം ഏറ്റവും രസകരമായ കാര്യം ഇന്ന് നിങ്ങൾ ഭയക്കുന്ന ഹൃദ്രോഗവും അർബുദവും ആയുർവേദത്തിൽ മഹാരോഗങ്ങളുടെ പട്ടികയിൽ ഇല്ല ആയുർവേദ സങ്കല്പത്തിൽ ഇത് രണ്ടു നിസ്സാര രോഗങ്ങളാണ് സ്വന്തമായൊരു നിദാനം പോലും ഇല്ലാത്ത രോഗത്തിന്റെ പട്ടികയിലാണ് ഹൃദ്രോഗം ഹൃദ്രോഗത്തിനുള്ള നിദാനം കുറിക്കുന്നത് തന്നെ മാധവനിദാനം വന്നതിന് ശേഷമാണ് അഞ്ചു തരം ഹൃദ്രോഗങ്ങളിലേക്ക് നിങ്ങളിൽ കാണുന്ന എല്ലാ ഹൃദ്രോഗവും പെടുമെന്ന് ലക്ഷണങ്ങളിലൂടെ നിങ്ങൾക്ക് പഠിക്കാം അതിനിസാരങ്ങളായ മരുന്നുകൾ കൊണ്ട് ഇന്നും മാറും ഇനങ്ങൾ സ്റ്റെന്റ് ഇടാനും ഇനങ്ങളൊക്കെ തന്നെ ചെന്ന് ബലൂൺ വഴി ബ്ലോക്ക് തള്ളിക്കളയാനും ഒക്കെ കാശും കൊടുത്ത് പോകുമ്പോൾ നിങ്ങളുടെ വീട്ടിൽ നിൽക്കുന്ന പാളയങ്കോടം വാഴയുടെ കൊല കൊലച്ച് വരുമ്പോൾ ഉള്ള കൂമ്പൊടിച്ചിട്ട് ഒഴുകി വരുന്ന കഥ ഒരു പതിനഞ്ച് തുള്ളി അരയോൺസ് ചൂടുവെള്ളത്തില് ഒരു പതിനൊന്ന് ദിവസം കഴിച്ചിട്ട് പോയി നോക്കിയാൽ ഈ സാധനം അലത്ത് പോയിട്ടുണ്ടാവും ഇതിന് വൈദ്യശാസ്ത്ര ഗ്രന്ഥം വായിക്കണ്ട വെറും പഴയ അമ്മൂമ്മമാരോട് ചോദിച്ചാൽ മതി അവരുടെ ഗൃഹവൈദ്യുതി പെട്ടതായിരുന്നു അത്ര വേണ്ട വൈദ്യശാസ്ത്ര പ്രകാരം അത്വാസ്തുഗാരിത്വവും പാർത്ഥാരിത്വം സുവർണമുക്താദിയും ഗോലോചനാദിയും കഴിച്ചാൽ മതി ഒരു ദശമൂലം കഴിച്ചാൽ മതി അപ്പൊ ഇതിന്റെ സംപ്രാപ്തി ഇതിന്റെ വിവരണം ഇതിന്റെ പൂർവ്വരൂപം അതിന്റെ ചികിത്സ എല്ലാം എന്നെ അവർ കണ്ടുപിടിച്ചിരിക്കുന്നു അത് നിസ്സാരമായിരിക്കുകയും കച്ചവടക്കാർ മേയാതിരിക്കുകയും ചെയ്ത കാലങ്ങളിൽ ഇത്രയധികം ആളുകൾ മരിച്ചില്ല ഈ രോഗം വന്ന് ഇത്രയധികം ആളുകൾ മരിക്കാൻ തുടങ്ങിയിട്ട് ഇരുപത്തി അഞ്ചു കൊല്ലേ ആയിരുന്നു ശരിയല്ല ഈ ഓങ്കോളജിസ്റ്റ് ഉണ്ടായിട്ട് തന്നെ ഇരുപത്തി അഞ്ചു കൊല്ലേ ആയിരുന്നു അതിനുമുമ്പ് ഇവിടുത്തെ ആളുകൾ വരിച്ചില്ലേ ഇവിടുത്തെ ആളുകൾ കുടിച്ചില്ലേ ഈ നാട്ടുകാരൊന്നും മുറുക്കിയില്ലേ കുട്ടികൾക്ക് വരെ സ്വർണം ഒരച്ചു കൊടുത്തില്ലേ ആ വയമ്പിന സ്വർണ്ണമൂടെ അടിച്ചു കയറ്റി കണ്ണും കൂടി ഒരച്ച് ആദ്യം തന്നെ പിടിപ്പിച്ചിരുന്നു എന്നിട്ടൊന്നും ഇതുണ്ടായില്ലേ അത് വേറെ കാര്യം അതിനപ്പുറം പേർ കുറച്ച് കൊടുത്തിരുന്നു എന്നിട്ട് എത്ര കുട്ടികൾ ഈ രോഗം വന്ന് ഇന്ന് ഓങ്കോളജി വാർഡിൽ കിടക്കുന്ന ജനസംഖ്യാനുപാതികമായുള്ള കുട്ടികളുടെ എണ്ണം ഓങ്കോളജി വാർഡിൽ കിടക്കുന്ന ജനസംഖ്യാനുപാതികമായുള്ള സ്ത്രീകളുടെ എണ്ണം ഓങ്കോളജിയിൽ കിടക്കുന്ന ജനസംഖ്യാനുപാതികമായി പുരുഷന്റെ അഞ്ചു കൊല്ലം മുമ്പ് എത്ര അതിന് അഞ്ചു കൊല്ലം മുമ്പ് എത്ര അതിനഞ്ചു കൊല്ലം മുമ്പ് എത്ര അത്രയും നിങ്ങൾക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് കിട്ടും അതിന് ഇരുപത്തി അഞ്ചു കൊല്ലം മുമ്പ് സ്റ്റാറ്റിസ്റ്റിക്സ് കിട്ടാൻ വഴിയില്ല കാരണം ആശുപത്രികൾ ഇല്ല ഈ ഇരുപത്തഞ്ചു കൊല്ലത്തെ ക്രമമായ വികാസം നോക്കിയാൽ രോഗം കുറഞ്ഞു വരുന്നുവെങ്കിൽ വൈദ്യശാസ്ത്രം വിജയത്തിലാണ് കൂടുകയും ആ മരണനിരക്ക് കൂടുകയും ചെയ്യുന്നുവെങ്കിൽ വൈദ്യശാസ്ത്രം പരാജയമാണ് ഇതെല്ലാം കഴിഞ്ഞിട്ടും പിന്നെയും വരുന്നില്ല എന്നാ ചോദിച്ചത് തലയുണ്ടെങ്കിൽ ചിന്തിക്കേ സ്വന്തം തലയെല്ലാം കളഞ്ഞ് ബഹുരാഷ്ട്ര ഭീമന്മാർ കച്ചവട കണ്ണോടുകൂടി പഠിപ്പിക്കുന്ന പാഠങ്ങൾ മാത്രമാണ് അറിവ് എന്ന് ധരിച്ച് തീരുമാനിക്കാതെ അതുകൊണ്ട് ക്യാൻസർ രോചനകൾ പരിഗണിച്ച് ക്യാൻസർ രോജനകൾ കോശങ്ങൾക്ക് സ്വാധീനിക്കുന്നു എന്ന ധിഷ്ഠിതമായ വിപരീതമാണ് ക്യാൻസർ അർബുദം ബാഹ്യ കാരണങ്ങളെക്കാൾ ആന്തരികമാണ് വൈറൽ ക്യാൻസറുകൾ എന്നറിയപ്പെടുന്ന ഹ്യൂമൻ പാപ്പിലോമ വൈറസും ഹ്യൂമൻ ബർ വൈറസും അതായത് എച്ച് ബി വി എച്ച് പി എച്ച് സി വി തുടങ്ങിയ വളരെ പരിമിത എണ്ണം വൈറൽ ക്യാൻസറുകളുണ്ട് അവ നിസ്സാരമായി പൗരാണിക കാലത്ത് തടഞ്ഞിരുന്നതാണ് വളരെ നിസ്സാരമാണ് ഹെപ്പറ്റൈറ്റിസ് ബിയും ഹെപ്പറ്റൈറ്റിസ് സിയും പരിണമിക്കാതെ ഇരിക്കാൻ മാത്രമല്ല അത് വൈറസ് സ്ത്രീകളിൽ കാണുന്നതാണ് സർവിക്സിൽ അത് പഴയ കാലത്ത് കണ്ടിരുന്നേ ഇല്ല കാരണം മര്യാദയുള്ള ജീവിത അതുകൊണ്ട് സർവിക്സിൽ ക്യാൻസർ എന്ന് ബാധിച്ചിരുന്നില്ല അതിനെയൊക്കെ അവലംബിച്ച് പഠിച്ചാൽ നിങ്ങൾക്ക് എളുപ്പം മനസ്സിലാവും പ്രാഥമികമായി ഇത് കോശാന്തര വ്യാപാരമാണ് ക്യാൻസർ ഒരു കോശാന്തര വ്യാപാരമാണ് കോശാന്തരങ്ങൾക്കോ കോശങ്ങൾക്കോ കലകൾക്കോ ധാതുക്കൾക്കോ അവയവങ്ങൾക്കോ മാത്രമാണ് അർബുദം വളർത്തിയെടുക്കാൻ കഴിയുക അല്ലാതെ പുറത്തുനിന്ന് കഴിക്കുന്ന സാധനമൊന്നും അല്ല അർബുദം വളർത്തിയെടുക്കുന്നത് അത് കോശത്തിൻ്റെ ഒരു പ്രത്യേക സ്വഭാവമാണ് അർബുദ കോശങ്ങളെ വളർത്തുക എന്നുള്ളത് കോശത്തിൽ അന്തർലീനമായൊരു സ്വഭാവമാണ് അത് വരുന്നതിനെ പ്രാചീനരുടെ പഠനങ്ങളുണ്ട് അർബുദം വളർത്തിയെടുക്കാൻ കഴിയുന്നത് അവിടെയാണ് ലലികളുടെ ദേഹത്ത് താറ് പുരട്ടുമ്പോൾ ത്വജാർബുദം ഉണ്ടാവുന്നു എന്ന പരീക്ഷണങ്ങളിൽ കണ്ടിട്ടുണ്ട് റോഡ് താർ അർബുദം ഉണ്ടാകുന്നു എന്നാലും പറഞ്ഞു കേട്ടിട്ടില്ല എന്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായോ അറിയില്ല എലിയുടെ കോശം താറുമായി ബന്ധപ്പെടുമ്പോൾ കോശത്തിന്റെ സ്വഭാവം ആ പ്രകടമാകുന്നു അത് എല്ലാ എലിയിലും കാണിക്കുന്നില്ല എല്ലാ എലിയും ആ സ്വഭാവം കാണിക്കുന്നില്ല പരീക്ഷണത്തിനെടുത്ത എല്ലാ എലികൾക്കും അർബുദം കണ്ടിട്ടില്ല സ്വയമേവ തന്നെയോ മറ്റു സാഹചര്യങ്ങളിലോ മാതൃകോശങ്ങൾ അർബുദപരങ്ങളായ പരിണാമത്തിന് വിധേയമാവുക അപ്പൊ അർബുദപരങ്ങളായ ലോകങ്ങളിലേക്ക് ആ കോശങ്ങൾ കൂട്ടിക്കൊണ്ടുപോവുകയാണ് അത് മാതൃ കോശാന്തര അവബോധത്തിൽ അധിഷ്ഠിതമാണ് അവിടെ അതുകൊണ്ട് ചികിത്സ വേണ്ടത് എല്ലായ്പ്പോഴും ഇത് തലത്തിൽ അഥവാ ജനിതക തലം അല്ലെങ്കിൽ അതിന് പറയാ പോളിയോപറോൺ തലം എന്നാണ് പറയുക അതിൻ്റെ വേറൊരു പേരാ ആ തലത്തിൽ ജനിതകത്തിന്റെ രീതിവിധാനം ഭാവാത്മകവും ക്രിയാത്മകവുമാണ് സക്രിയമായൊരു തലവും ഒരു ഭാവാത്മക തലവും പോളിയോപെറോൺ തലത്തിലുണ്ട് ജനിതക തലത്തിലുണ്ട് എന്ന് പറഞ്ഞാൽ ഭാവാത്മകതയിൽ സക്രിയത ഒളിഞ്ഞിരിക്കുന്നതേയുള്ളൂ ഭാവാത്മക തലത്ത് അതിൻ്റെ സക്രിയത ഒളിഞ്ഞിരിക്കുന്നുവെന്നേ ഉള്ളൂ അത് സക്രിയമാകുന്നില്ല ഏതു കോശവും ഒരു സാഹചര്യത്തിൽ അർബുദ കോശമായി പരിണമിക്കാനുള്ള സക്രിയത ഭാവാത്മകതയിൽ ഒളിഞ്ഞിരിക്കുന്നു എന്നാണ് കോശം ഈ സ്വഭാവം കാണിക്കുന്നത് മരണത്തിന് കാരണമാകുന്നില്ല എന്നാണ് കോശ സ്വഭാവത്തെ മറ്റു രോഗങ്ങളെ കണ്ടുപിടിക്കാനുള്ള തുരക്കടയിൽ ആധുനിക ഉപകരണങ്ങൾ കോശ വ്യതിയാനം കാണുമ്പോൾ എടുക്കുന്ന തീരുമാനവും ചികിത്സയുമാണ് പലപ്പോഴും മൃത്യുവിലേക്ക് നയിക്കുന്നത് കോശത്തിന്റെ സ്വഭാവത്തെ മാറ്റിമറിക്കാൻ കഴിയുന്നില്ല ഔഷധങ്ങൾ സർജറി കീമിയോതെറാപ്പി റേഡിയേഷൻ ഇവയൊക്കെ നമ്മുടെ പിന്നീട് വിശദമായി കാണും എങ്കിലും ഇവയൊക്കെ ചെയ്തു കഴിഞ്ഞും കോശ സ്വഭാവം നിലയ്ക്കുന്നില്ല വീണ്ടും അവ ആവിർഭവിക്കുന്നു ഇതാണ് ആധുനിക ചികിത്സയിൽ കാണുന്നത് പൗരാണിക ചികിത്സയിൽ നമുക്ക് നോക്കാം ഇത് കഴിഞ്ഞ് അത് കഴിഞ്ഞ് ബാക്കി പഠിക്കുകയും ചെയ്യാം അപ്പോ സ്വയമോ ചുറ്റുപാടുകളാലോ സക്രിയമാകുന്ന ശ്രുതി അധിഷ്ഠിതവും വൃത്യധിഷ്ഠിതവുമായി ചേർത്തത് ഈ സക്രിയതയെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഗ്രന്ഥികളെയും വിദ്രതികളെയും ദുഷ്ടവ്രണങ്ങളെയും ഉളവാക്കുന്ന അനേകം ജനിതക കോശ സമൂഹങ്ങളെ പ്രാചീന സംശയിച്ചിട്ടുണ്ട് ഈ രോഗത്തോട് ചേർത്തത് ശരീരത്തിൽ മാംസ്യം അന്നജം കൊഴുപ്പ് തുടങ്ങിയവയെ പരസ്പരം ലയിപ്പിക്കുന്ന ഘടകങ്ങൾ പ്രവർത്തിക്കുന്ന ഘട്ടങ്ങളിൽ ബാഹ്യ ഒരു വർഗത്തിന്റെ ഘടനകളെ അവലംബിച്ച് മുഴുവൻ ജനിതകങ്ങൾക്കുമായി മുഴുവൻ ആളുകൾക്കുമായി രണ്ടു ആരോഗ്യശാസ്ത്രത്തെ രൂപപ്പെടുത്തുമ്പോൾ പ്രതിപ്രവർത്തനശേഷിയുള്ള മാംസ്യങ്ങളെയും പ്രവർത്തനശേഷി വിപരീതമായ മാംസ്യങ്ങളെയും വിഭാഗ ഘട്ടങ്ങളിൽ ഉളവാക്കുവാൻ പോകുന്ന ഘടനാത്മകതകളെയും ജനിതകങ്ങളെയും ക്രിയാത്മക ജനിതകങ്ങളെയും പരിഗണിക്കേണ്ടതാണ് ഇതാണ് ചികിത്സാശാസ്ത്രം പരിഗണിക്കാതെ ചികിത്സാശാസ്ത്രം ഒരിക്കലും പരിഗണിച്ചിട്ടില്ലാത്തത് ഒരു വ്യക്തിയിൽ ഒരു വർഗത്തിൽ നടത്തിയ പരീക്ഷണത്തെ അവലംബിച്ച് മാനുഷികത്തെ ആകെ ചികിത്സിക്കാൻ പോകുമ്പോൾ വർഷങ്ങളിലൂടെ കഴിക്കുന്ന ഔഷധങ്ങൾ ജനിതക ശൃംഖലയിൽ എങ്ങനെ പെരുമാറുമെന്ന് ഊഹിക്കുക പോലും ചെയ്യാൻ ഇന്ന് വൈദ്യശാസ്ത്രം വളർന്നിട്ടില്ല എന്നാ പറഞ്ഞതിൻ്റെ അർത്ഥം ഇത്രയും വളർച്ച പ്രാപിച്ചു എന്ന് അവകാശപ്പെടുന്ന വൈദ്യശാസ്ത്രം ശ്രദ്ധിച്ച് കേൾക്കണേ കേൾക്കുകയാണെങ്കിൽ കേൾക്കാൻ പഠിക്കാൻ വന്നിരിക്കുന്നവരാണെങ്കിൽ ശ്രദ്ധിച്ച് കേൾക്കണേ തിരഞ്ഞെടുത്ത കുറെ വെള്ളലുകളെയും തിരഞ്ഞെടുത്ത കുറെ ഇനിപ്പന്നികളെയും ആ സ്പീഷീസുകളെയും അതിനുശേഷം തിരഞ്ഞെടുത്ത കുറെ മനുഷ്യരെയും അവലംബമാക്കി ഒരു രോഗത്തിലുള്ള ഔഷധത്തെ കണ്ടെത്തി ആ രോഗത്തെ ഉന്മൂലനം ചെയ്യുവാൻ ആ ഔഷധം പര്യാപ്തമാണെന്ന് പറഞ്ഞ് ഇറക്കി അത് പിശദ്വരന്മാർ കുറിച്ചു കൊടുത്ത് വാങ്ങി അവന് പോലെ കഴിക്കുമ്പോൾ താൽക്കാലികമായ പ്രശ്നങ്ങളിൽ നിന്ന് പരിഹാരം നേടിയെന്ന് സമാധാനിച്ച് പ്രവർത്തന മനുഷ്യൻ അവന്റെ അകത്തേക്ക് കടത്തിവിട്ട ഔഷധങ്ങൾ അവന്റെ ഊഷ്മാവിനെ കുറച്ചു സമാധാനായി മലം പോകാത്തരത്ത് അത് കഴിച്ചപ്പോൾ മലം പോയി സന്തോഷായി എന്നൊക്കെ വിചാരിക്കുമ്പോൾ ആ വസ്തു ഭജിച്ചവന്റെ അതിന്റെ സൂക്ഷ്മംശം അവന്റെ മനസ്സും അത് തന്നെ രക്തവും അത് മജ്ജയും അടങ്ങുന്ന ഘട്ടങ്ങളിലേക്ക് അതിന്റെ സൂക്ഷ്മ സൂക്ഷ്മ എത്തിച്ചേരുമോ എന്നാണ് ഇല്ല നല്ല ഉത്തരം നിങ്ങൾ കഴിക്കുന്ന വെണ്ടക്കയും പാവയ്ക്കയും ഉഴുന്നും ശർക്കരയും എന്ന നിങ്ങൾ കഴിക്കുന്ന അതിസൂക്ഷ്മമായി പൊടിച്ചിരിക്കുന്ന ആയുർവേദ മരുന്നുകളും മോഡേൺ മെഡിസിന്റെ മരുന്നുകളുമെല്ലാം നിങ്ങളുടെ ശരീരത്തിൽ പച്ചച്ച് ൾ അതിൽ അടങ്ങിയിരിക്കുന്ന സിന്തറ്റിക്കുകൾ ഹോർമോൺ ടാബ്ലറ്റ്സുകൾ ഒക്കെ ആണെങ്കിൽ അവ നിങ്ങളുടെ രക്തത്തിൽ അവ നിങ്ങളുടെ അത്തിയിൽ അവ നിങ്ങളുടെ മജ്ജയിൽ ഒക്കെ അതിൻ്റെ സൂക്ഷ്മ സൂക്ഷ്മ ഭാവങ്ങളായി കടന്നു ചെല്ലുമോ എന്ന് ഇല്ല എന്നല്ലേ അത് നിങ്ങളുടെ സെൽബയോളജിയിൽ കോശങ്ങളുടെ വിഭജനത്തിൽ അനുസ്യതമായ പ്രകൃതിയുടെ പോക്കിന് വിരുദ്ധമായി പ്രവർത്തിച്ചേക്കുമോ എന്ന് പഠനങ്ങളില്ല മനസ്സിലായില്ല അത്യന്താപേക്ഷിതമായി രോഗങ്ങളെ ചികിത്സിക്കുവാൻ ചികിത്സകൻ ഔഷധം കൊടുക്കുന്നതിന് മുമ്പ് അവൻ കൊടുക്കുന്ന ഔഷധം കഴിക്കുന്നവൻ്റെ കോശങ്ങളെ നിയതമായ വിഭജനത്തിന് വ്യത്യസ്തമായി വിഭജിച്ചേക്കുമോ എന്നും അവന്റെ അടുത്ത തലമുറകളിലേക്ക് ജനിതക ഭ്രംശമുണ്ടാക്കുമാർ പ്രവർത്തിക്കുമോ എന്നും കണ്ടറിഞ്ഞിട്ടെങ്കിലും കൊടുക്കുന്നില്ലെങ്കിൽ അതിലൂടെ വരുന്ന രോഗങ്ങൾ മൃത്യു കാരണമായി രോഗത്തുണ്ടായ ശാസ്ത്രവും ശാസ്ത്രജ്ഞനും മരുന്ന് കച്ചവടക്കാരനും മരുന്ന് കുറിച്ചവനും അത് മേടിക്കുവാൻ കൂടെ കൊണ്ടുപോയ ബന്ധുവും എല്ലാം അവന്റെ സാധാരണമായ മൃത്യുവിനപ്പുറം ഉത്തരവാദികളാണ് കൊലപാതകളാണ് മനസ്സിലാവുന്നില്ല എനിക്ക് അവൻ അറിയാതെ നിങ്ങൾ കൊണ്ട് കൊല്ലുകൊലപാതകമാണ് നിങ്ങൾ പറഞ്ഞത് ഞാൻ നിങ്ങളെ വിശ്വസിച്ച് നിങ്ങളുടെ കൂടെ നിങ്ങൾ പറയുന്ന വണ്ടിയിൽ കയറി നിങ്ങളോടൊപ്പം യാത്ര ചെയ്തു വന്ന് നിങ്ങളുടെ ശാസ്ത്രജ്ഞാനവും നിങ്ങളുടെ അറിവും വെച്ച് നിങ്ങൾ പറഞ്ഞു പ്രേരിപ്പിച്ച് എന്നെ നയിച്ചിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് ആ കിടന്നുറങ്ങാൻ പറ്റുന്നത് മനസ്സുമാനത്തോടെ ജീവിക്കാൻ പറ്റുന്നതും ഏ എന്റെ ഭീകരങ്ങൾ എനിക്ക് മനസ്സിലായില്ല ഇത്രയും കാലം എന്ത് പഠിക്കാനുള്ളതാണ് രോഗിയുടെ ആശ്വാസത്തിന് ആരും ചികിത്സയ്ക്ക് പോകുന്നു എനിക്ക് വിശ്വാസം നാട്ടുകാരെ ബോധ്യപ്പെടുത്താൻ ചികിത്സക്ക് പോകുന്നു എന്ന് പറഞ്ഞാൽ എനിക്ക് വളരെ സമ്മതമാണ് രോഗിയുടെ ആശ്വാസത്തിനാണെങ്കിൽ ആശുപത്രികളും വൈദ്യന്മാരും ആയുർവേദവും അലോപ്പതിയും ഹോമിയോപ്പതിയും അതിൻ്റെ വൈദ്യന്മാരും ആശുപത്രികളും ഒന്നുമില്ലാത്ത കാലത്ത് ഈ നാട്ടിലെ ജനങ്ങൾ എന്തു ചെയ്താണ്